നമ്മളുടെ വെറും വിഡിത്തമാണ് നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയണത് ഇംപ്രാക്ടിക്കലാണ് ഇനി മാറ്റാനൊന്നും പറ്റില്ല സ്കൂളുകളെ പാടില്ല ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല എല്ലാ സ്വതന്ത്രമാണ് എല്ലാ സ്വതന്ത്രമാണ് ഓരോ ജീവനും സ്വതന്ത്രമാണ് നമ്മളുടെ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് നമ്മൾ ബ്രെയിൻ സെന്ററിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും തെറ്റിയേ പോയുള്ളൂ ശരിയാവുകയില്ല ഒന്നും ശരിയാവില്ല ഓരോ ജീവനും സ്വതന്ത്രമാണ് ഓരോ ജീവനും ഉപാധിയിൽ ഭേദങ്ങളുണ്ട് പക്ഷെ സ്വരൂപത്തിൽ ഭേദമില്ല യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കണ്ടെത്തിയാൽ അവിടെ ഭേദമേ ഇല്ല ഉപാധിയിൽ ഭേദമുണ്ട് ഓരോ ശരീരവും വേറെ വേറെ ഓരോ മനസ്സും ചിന്തിക്കുന്ന രീതികളും വേറെ സ്വതന്ത്രം എല്ലാ ഭേദബുദ്ധികളും നീങ്ങണം എങ്കിൽ എന്നിൽ നീങ്ങണം എന്റെ സ്വരൂപത്തിൽ എന്നിൽ രമണ മഹർഷി ഉള്ളപ്പോ അന്നത്തെ കാലം അനുസരിച്ച് രമണാശ്രമത്തില് ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാം ഒരു ബാരിക്കേഡ് പോലെ കാണാം പക്ഷെ ഇന്ന് അതൊന്നും എല്ലാം ഒരേ പോലെയാണ് പക്ഷെ അന്നത്തെ കാലത്തിനനുസരിച്ച് ഈ കർട്ടൻ തിരശ്ശീല പോലെയുണ്ട് അതിന്റെ ഒരു വശത്ത് ബ്രാഹ്മണർ ഊണ് കഴിക്കാനിരിക്കും മറുവശത്ത് ബ്രാഹ്മണരല്ലാത്തവർ ഊണ് കഴിക്കാനിരിക്കും മഹർഷി രണ്ടുപേരുടെയും നടുവില് അവരും കാണേ ഇവരും കാണേ നടുവിലിരിക്കും പക്ഷെ പറയില്ല നിങ്ങൾ അങ്ങനെ പാടില്ല എല്ലാവരും ഒന്നിച്ചിരിക്കണം ഇങ്ങനെയൊന്നും മഹർഷി പറയേല അപ്പോ ഒരു ബ്രാഹ്മണനായ ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ളവരുടെ വശത്ത് പോയിരുന്നു ഗാന്ധിജിയുടെ ഹരിജൻ മൂവ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഒരാള് മറ്റൊരു വശത്ത് പോയിരുന്നു അപ്പൊ അയാളുടെ അച്ഛൻ അയാളെ ചീത്ത പറഞ്ഞ് നിലവിളിക്കുമായി അയാളും എഴുന്നേറ്റം നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി എല്ലാം ഒന്നാകണം ഈ ജാതി മത വ്യത്യാസങ്ങളൊന്നും പാടില്ല മഹർഷിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു ഐഡിയലാണ് നമുക്ക് തന്റെ അടുത്ത് കേസ് വരുന്നവരെ താൻ ഇടപെടുകയില്ല ഇവരിത്രയധികം വർത്തമാനം പറയണമല്ലോ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയെ അവരുടെ നേരെ ഒന്ന് നോക്കുകയെ യാതൊന്നും ചെയ്തില്ല അദ്ദേഹം ഒന്നും നടക്കാത്ത പോലെ ഊണയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചെറുപ്പക്കാരൻ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സ്വാമി നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇങ്ങനത്തെ ഭേദബുദ്ധിയൊക്കെ പാടുമോ ഇവർ ബ്രാഹ്മണരാണെന്ന് പറയുന്നു വേറെ നിൽക്കുന്നു അങ്ങനെ എങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ മഹർഷി ആ ചോദിച്ചു തനിക്ക് അഭിമാനമില്ലേ ഭേദബുദ്ധി ഇല്ലേ എനിക്ക് ഭേദബുദ്ധിയൊന്നുമില്ല എന്നാൽ നീ എന്റെ കൂടെയാണ് ഇരിക്കേണ്ടത് ഇവര് പറയണോ ഞങ്ങൾ ബ്രാഹ്മണനാണോ എന്ന് പറഞ്ഞു അവരോടും ചോദിച്ചാൽ അവരും പലതും പറയും ഞാൻ അതാണോ ഇതാണോ ഒക്കെ പറയുന്നു ലോകത്തിൽ വ്യാധിയെ ശരീരാഭിമാനം ഉള്ളത്തോളം കാലം ഈ ഭേദബുദ്ധിയെ നീക്കുക എന്നുള്ള സാധ്യമേ അല്ല മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കും നാരായണ കേരളത്തിൽ ഒരു ജാതി ഒരു മതം മനുഷ്യന് എന്ന് പ്രചരിപ്പിച്ചു തലശ്ശേരിയിൽ ജഗന്നാഥ ജഗന്നാഥനെ പ്രതിഷ്ഠിച്ച് അമ്പലമുണ്ടാക്കി എഴവന്മാർ പറഞ്ഞു പറയന്മാരെ ഞങ്ങൾ കടത്തില്ല എന്നു എന്തു പറഞ്ഞിട്ടും നാരായണഗുരുസ്വാമിക്ക് അവസാനം തലശ്ശേരിക്ക് പോകേണ്ടി വന്നു അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അവർ ചെയ്യില്ല എന്ന് പറഞ്ഞു ഈ അമ്പലത്തിൽ അപ്പൊ എന്താ ഞങ്ങൾ വലിയ ജാതി ഞങ്ങൾ ബ്രാഹ്മണരായ ബ്രാഹ്മണരെ കിടത്തില്ലാന്ന് പറഞ്ഞു ഇതാണ് ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പി സൂക്ഷ്മ തത്വം ലോകത്തിൽ പ്രചരിപ്പിക്കാനുള്ളതല്ല ചെയ്യില്ല എന്ന് പറഞ്ഞു അവര് അവസാനം നാരായണഗുരുസ്വാമി ഒരു മീറ്റിംഗ് കൂട്ടി പറഞ്ഞു എല്ലാവരും അമ്പലത്തിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവരുടെ ഒരു ലീഡറ് അയാള് നാരായണഗുരുസ്വാമി ഉള്ളപ്പോൾ പറ്റില്ലാന്ന് പറയാൻ വയ്യല്ലോ എന്നാലും അവർക്ക് പറയൻ മാറി അവരുടെ കൂടെ കൂട്ടി അമ്പലത്തിൽ കടത്താൻ അവർക്ക് മനസ്സ് വരുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം ഞങ്ങൾ ഒരു വർഷത്തിനിടയിൽ ഒന്ന് ആലോചിക്കട്ടെ ഒരു വർഷം കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് നാരായണഗുരുസ്വാമി അപ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു വർഷം ഒരു വർഷമായി നീട്ടിക്കൊണ്ട് പോകാലോ നമ്മുടെ കോർട്ടിലത്തെ കേസുകൾ പോലെ ഒരു വർഷം കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു ാരായണ ഗുരുസ്വാമി കണ്ണടച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു സ്റ്റേജില് എല്ലാരും കാണുന്നു നടന്ന ഒരു സംഭവമാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോ ആകാശമൊക്കെ കറുത്തിരുണ്ടു കുറെ മഴ പെയ്തു ഒരു മണിക്കൂർ നേരം ഒന്നും മീറ്റിംഗ് കൂടാൻ പറ്റിയില്ലേ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞ് മഴ ഒന്ന് അടങ്ങിയപ്പോ ഈ പ്രസംഗിച്ച ആളെ നോക്കി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനി ആലോചിക്കാം ഒരു വർഷം മഴ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനി ആലോചിക്കാം അദ്ദേഹം വിടാത്തത് കൊണ്ട് അതങ്ങനെ പിന്നെ നടത്തിപ്പിച്ചു എന്തിനു പറയണു എന്തൊക്കെയായാലും ഇപ്പൊ ഇനിയിപ്പോ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടായാലും ഇപ്പോഴും അവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് എന്താ കാരണം ഇത് ലോക സ്വഭാവമാണ് എന്തിനോടെങ്കിലും മനുഷ്യരെ ഐഡന്റിഫൈ ചെയ്യും ശരീരാഭിമാനമുണ്ടോ ജാതി എന്ന് വേണ്ട വേറെ എന്തെങ്കിലും പാർട്ടിയുടെ പേരോ ഒരു സംഘത്തിന്റെ പേരോ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ താതാത്മ്യം നമുക്ക് വന്നു പോകും അതിനെ എങ്ങനെ ഇല്ലാതാക്കും ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോ സ്വസ്വരൂപമായ ബോധം ഞാൻ എന്നുള്ള ഉണർവ് അവബോധം ആ അവബോധം ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കുമ്പോ ആ ബോധം അതേ ചേതനെ തന്നെയാണ് സകല ശരീരങ്ങളിലും സർവത്ര വർത്തിക്കുന്നത് എന്ന് കാണുമ്പോ സമദർശിത്വം സഹജമായിട്ടുണ്ട് അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേ സാധ്യമാവുള്ളൂ അപ്പൊ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും സകല പ്രാണികളും ഒരേ ആത്മസ്വരൂപികളാണ് ആ അവസ്ഥയിൽ മരണം എന്നുള്ളത് നമ്മളെ സ്വരൂപത്തിനെ സ്പർശിക്കണമില്ല അതാണ് നമേ മൃത്യുശങ്കാം മൃത്യുവിനെക്കുറിച്ചുള്ള ശങ്കയെ ഇല്ല എന്നാണ് നമേ മൃത്യുശങ്കാം നമേ ജാതിഭേദ എനിക്ക് ജാതിഭേദവും ജാതി നീതി കുലഗോത്ര ദൂരകം ൂപഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ജാതിനീതികുലഗോത്രദൂരകം ജാതിനീതികുലം ഗോത്രം ഇതിനെയൊക്കെ തള്ളിക്കളം നാമരൂപഗുണദോഷവർജിതം നാമരൂപവുമില്ല ഗുണദോഷങ്ങളുമില്ല വിഷയാതിവർത്തിയത് ദേശകാല വിഷയങ്ങളെ ത അതിരുകടന്ന് ബ്രഹ്മതത്വമസി ഭാവയാത്മനി ആ ബ്രഹ്മം ആണ് നീ എന്ന് ധ്യാനിക്കൂ ഭാവയ ആത്മനി നല്ലവണ്ണം ഈ വേദാന്തം ശരിക്കും മനസ്സിലാക്കണം അല്ലെങ്കിൽ അപകടം പറ്റും സ്വരൂപത്തിൽ ഭേദമില്ല പക്ഷേ ശരീരത്തിൽ ഭേദമില്ലാതെ ഇരിക്കാൻ പറ്റില്ല രണ്ടും രണ്ടും മണ്ഡലമാണ് ശരീരമാണ് ഞാൻ എങ്കിൽ ഒരിക്കലും അഭേദം സാധ്യമല്ല ദേഹത്തിൽ അതാണ് അവിഭക്തം വിഭക്തേഷു എന്ന് ഭഗവാൻ പറഞ്ഞു ശരീരമണ്ഡലത്തിൽ എല്ലാം ബ്രഹ്മമല്ലേ പിന്നെ ഞാൻ മത്സ്യമാംസം കഴിച്ചാൽ എന്താ മദ്യപാനം ചെയ്താൽ എന്താന്ന് ചോദിച്ചു പോവുമാണ് പലപ്പോഴും അദ്വൈതത്തിനെ സൂക്ഷ്മത്തിൽ മനസ്സിലാക്കിയിട്ട്